ഉദയഗിരി ചുവന്നു പുത്തൻ പി ജയശങ്കുലിയുയുന്നു കുസുമരാജികൾ വിരിഞ്ഞു ബൃന്ദാവനമഘോത്സവവിഭാതം ഉദയഗിരിച്ചുവന്നു പുത്തൻ പി ജയശങ്കൊലിയുയൻ കുസരാതികൾ വിരിഞ്ഞു വൃന്ദവനമഹോത്സവവിപാദം തരുലതാഞ്ജിതവനാന്തം മന്ദം മൂളകൾ കാറ്റലയിലൂതി ഹൃദയനാദമുയരുന്നു നാദസ്വരതരംഗയുഗനാദം തരുലതാഞ്ജിതവനാന്തം മന്ദം മൂളകൾകാറ്റലയിലൂതി ഹൃദയനാദമുയരുന്നു നാദസ്വരതരംഗയുഗനാദം ജനതയാകുണരുന്നു ഗംഗാജലതരംഗ നിര പോലെ മതമദാന്തതിമിരങ്ങൾ നീങ്ങി മാതൃഭാരതമുയന്നു ജനതയാകുണരുന്നു ഗംഗാജലതരംഗ നിര പോലെ മതമദാന്തതിമിരങ്ങൾ നീങ്ങി മാതൃഭാരതമുയന്നു കുലീന്ദ്ര ഹീമശൈലത്തിന്മേൽ കോടിയുയർത്തമനുഷ്യൻ കുലഗരീന്ദ്ര ഹീമശൈലത്തിൻമേൽ കോടിയുയർത്തിയ മനുഷ്യൻ യമുന ഗംഗ പെരിയറും മിന്നൽ കഴുകൾമേടു കളേല നീലമദാക്കിയ മനുഷ്യൻ യമുന ഗംഗ പെരിയാറും മിന്നൽ പിണരിലാക്കിയ മനുഷ്യൻ മലകഴക്കാടു കൾമേടു കളേല നീലമതാക്കിയ കാളികട്ടവും കാശിപ്രയാഗ രാമസേതുവും ബോലെ കർമ്മയോഗികൾ കാച്ചവയ്ക്കു മീ കമ്മഭാരതക്ഷേത്രം കാളിഘട്ടവും കാശിപ്രയാഗ രാമസേതുവും ബോലെ കർമ്മികൾ കാച്ചവയ്ക്കു മീകർമ്മഭാരതക്ഷേത്രം പക്രനംഗലു മിഡുലായ് തിൽപ്പിയാം യുഗമനുഷ്യൻ പക്രനംഗലു മിഡു കിഫീലായ് തിൽപ്പിയാം യുഗമനുഷ്യൻ പുതിയോരിൻ്റെ വളരുന്നു വിശ്വ പ്രകൃതിശക്തിയുടെ ഇന്ത്യ മനുജഭാരത വിഭാതവിധാത മഹിത ഭാരത മനുഷ്യൻ പൂതിയോരിൻ്റെ വളരുന്നു വിശ്വ പ്രകൃതിശക്തിയുടെ ഇന്ത്യ മനുജാരത വിഭാത വിധാത മഹിത ഭാരതമനുഷ്യൻ ഉദയഗിരിച്ചുവന്നു പുത്തൻ വിജയശങ്കുലിയുയന്നു കുസുമരാതികൾ വിരിഞ്ഞു വൃന്ദാവനമഘോത്സവവിഭാതം തരുലതാഞ്ജിതവനാന്തം മന്ദം മൂളകൾകാറ്റലയിലൂതി ഹൃദയനാദമുയരുന്നു നാദസ്വരതരംഗയുഗനാദം ജനതയാകുണരുന്നു ഗംഗാജലതരംഗ നിര പോലെ മതമതാന്തതിമിരങ്ങൾ നീങ്ങി മാതൃഭാരതമുയന്നു കുലഗിരീന്ദ്ര ഹിമശൈലത്തിന്മേൽ കൊടിയുയർത്തിയ മനുഷ്യൻ യമുനഗംഗ പെരിയാറും മിന്നൽ പിണരിലാക്കിയ മനുഷ്യൻ മലകൾ കാടുകൾമേടുകളേലമിയ മനുഷ്യൻ കാളികട്ടവും കാശിപ്രയാഗ രാമസേതു പോലെ കർമ്മയോഗികൾ കാച്ച വയ്ക്കുമീ കർമ്മഭാരതക്ഷേത്രം പക്രനംഗലുമിടു കിഫിലായ് തിൽപ്പിയാം യുഗമനുഷ്യൻ പുതിയൊരിന്ത്യ വളരുന്നു വിശ്വ പ്രകൃതിശക്തിയുടെ ഇന്ത്യ മനുജഭാരത വിഭാത വിധാത മഹിത ഭാരത മനുഷ്യൻ യഗിരിച്ചുവന്നു പുത്തൻ വിജയശങ്കുലിയുയന്നു കുസുമരാജികൾ വിരിഞ്ഞു ബൃന്ദാവനമഹോത്സവവിപാദം ഉദയഗിരിച്ചുവന്നു പുത്തൻ വിജയശങ്കുലിയുയന്നു കുസുമരാജികൾ വിരിഞ്ഞു വൃന്ദാവന മഹോത്സവവിപാദം